മത്തായി എഴുതിയ സുവിശേഷം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാ മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു നീ രവുപത്തൻ എങ്കു ഈ കല്ലു അപ്പമായി തീരുവാൻ കൽപ്പിക്കാ പറഞ്ഞു അതിനുവൻ മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സ്ഥല വജനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ പിശാജു അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനിയെങ്കിൽ താഴോട്ട് ചാടുക നിന്നെക്കുറിച്ചു അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കൈയിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു യേശു അവനോടെ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു പിന്നെ പിശാജു അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ച് വീണു എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് സാധാനെ എന്നെ വിട്ടുപോകൂ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചു അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ടി ഷാജു അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തുവന്നു അവനെ ശുശ്രൂഷിച്ചു യോഹന്നാൻ തടവിലായി കേട്ടാറേ അവൻ ഗിലിയിലേക്ക് വാങ്ങിപ്പോയി നസ്രേത്ത് വിട്ട് സെബുലുവിന്റെയും നഫ്സാലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർദവും വിളിച്ചെന്ന് പാർത്തു സെബുലൂൻ ദേശവും നഫ്സാലി ദേശവും കടൽക്കരയിലും യോർദാനക്രയുമുള്ള നാടും ജാതുകളുടെ ഗലിയിലെയും ഇങ്ങനെ ഇരുട്ടിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുൾ ചെയ്തത് നിവൃത്തിയാകുവാൻ അന്നു മുതൽ യേശു സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീനെന്ന് പ്രശ്നിച്ചു തുടങ്ങി അവൻ ഗലിലക്കടൽ പുറത്ത് നടക്കുമ്പോൾ പത്ര പേരുള്ള ഷിമോൻ അവന്റെ സഹോദരനായ അന്ദ്രയാസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ രണ്ട് സഹോദരൻമാർ കടലിൽ വലവീശുന്നത് കണ്ടു എന്റെ പിന്നാലെ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുവെന്നും അവരോട് പറഞ്ഞു ഉടനെ അവർ വല വിട്ടേച്ചു അവനെ അനുഗമിച്ചു അവിടെ നിന്ന് മുമ്പോട്ട് പോയ ആരെ സബതിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിൽ ഇരുന്നപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു അവരെയും വിളിച്ചു അവരും ഉടനെ പടകനെയും അപ്പനെയും വിട്ടു അവനെ അനുഗമിച്ചു പിന്നെ യേശു ഗലീലിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൌഖ്യമാക്കുകയും ചെയ്തു അവന്റെ ശ്രുതി സൂര്യയിൽ ഒക്കെയും പരന്നു നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷപാതക്കാർ ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൾ കൊണ്ടുവന്നു അവൻ അവരെ സൌഖ്യമാക്കി ഗലീല ദക്കപ്പൊലി എറിസലേം യഹൂദിയാണ് യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരോ അവനെ പിന്തുടർന്നു